durchs Leben ദർശനം ഭവിഷ്യത്തിന് തദപ്യ ജാഗരിതസ്ഥാനോ ബിരി പ്രജ്ഞസോനവിംശതി മുഖസ്ഥൂളഭ്വാനര പ്രഥമ പദ ോനവിശതിയോ കാമേഞ്ചന സ്വപ്നം പശ്യത്തിനീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയ ഭുക്േദോമ മുഖപ്രാസ്തൃതീയ പദ സീശ്വരേഷനി പ്രപയോ ഭൂത ന്ദ്രം നേദ പ്രജ്ഞം പ്രജ്ഞാനധനം നം നദൃശ്യവ്യവഹാരമഗ്രാഹ്യമലക്ഷണമിന്യമിപദേശ്യം ഏകാമ്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അത്വൈതം ചതുർം മഞ്ഞത്തെ സാത്മാജ്ഞേയ ജാഗരസ്ഥോ അക്കാര പ്രഥമ മാത്രമത് കാൻ സ്വപ്നസ്ഥന തൈജസ ഉോ ദ്ധീയാ മാത്ര ഉത്ഷാ വേ ഉത്കർഷരിഹ വൈ ജ്ഞാനസതിമാനസഭ്രഹ്മവിധിയം വേദ സുഷുപന പ്രോമകാരതൃതീയാ മാത്രമിതേരപീർ മിോനിഹ വർ അപീതി ശേദോ വ്യവഹാര പ്രപഞ്ചോപോദ്വത ഓക്കാര ആത്മേവ സംവിശതി ആത്മന ആത്മാനം എം വേദ ശ്ലോകൃധ്യാത്യസ്ത സ്മൃതി ഹ്യധ്യത്മകേതരനികതയാ കൽപ്പം ജീവഫലാത്മകം സമുഖുദ്ധേ അനേവ ലക്ഷണേ വൈശുദ്ധേ ആത്മനി രജ്വാമ സർപ്പം കല്പയത് പൂർം താദർഥേന കിട്ടേദനീൻ്റെ ബാഹ്യവും ആധ്യാത്മികവുമായിട്ടുള്ള ഭാവങ്ങളെ സുഖ ദുഃഖാദികളാണ് ആന്തരികമായിട്ടുള്ളത് രാഗദ്വേഷാദികൾ ജ്ഞാനം ഇതെല്ലാം കാണുന്നതെല്ലാം ബാഹ്യം ആന്തരികവും അതിനാണ് ആധ്യാത്മികം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവ പരസ്പരം നിമിത്ത നൈമിത്ക കാര്യകാരണ ഭാവങ്ങളിൽ നിൽക്കുന്നതാണ് ബാഹ്യമായി അന്നം ആന്തരികമായി തൃപ്തി അപ്പൊ തൃപ്തിക്ക് കാരണമായിരിക്കുന്നു അന്നം അന്ന നിമിത്ത നൈമിത്ക രൂപത്തിൽ കല്പിക്കുന്നു എന്നാണ് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സ്രവേ ആ കല്പനയ്ക്ക് ബീജമായിരിക്കുന്ന എന്താണ് ജീവനാണ് ജീവനാണിതെല്ലാം അനുഭവിക്കേണ്ടത് അന്നത്തെ അനുഭവിക്കേണ്ടതും തൃപ്തിയെ അനുഭവിക്കേണ്ടതും ജീവനാണ് അതുകൊണ്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ജീവകൽപ്പനയാണ് ജീവനാണ് ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവനാണ് ജീവഭാവത്തിലിരുന്നു കൊണ്ട് എല്ലാ കൽപ്പനകളും തുടരുന്നത് മറ്റ് കൽപ്പനകൾ ജീവൻറേതായ സങ്കല്പങ്ങൾ ജീവൻ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം അതിന്റെ കൽപ്പന അതാരാണ് ചെയ്യുന്നത് അത് ഈ തുരിയാണ് ഞാൻ ആദ്യം ജീവനെ കല്പിക്കുന്നു എന്ന് പറയുന്നു ജീവന്റെ കൽപ്പനകൾ അത് ജീവന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കൽപ്പനയാണ് മുഖ്യം ഈ ജഗത്തിന്റെ ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന കൽപ്പന അതാണ് മുഖ്യം ആ കൽപ്പന ചെയ്യുന്നത് സുര്യനാണ് ജീവന് എങ്ങനെ ഇരിക്കുന്നു അഹം കരോമി മമ സുഖദുഃഖേ നിത്യവും ലക്ഷണം ഇതാണ് ജീവന്റെ അടയാളം ഇവിടെ പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ അറിയുന്നു ഈ അനുഭവം എവിടെയാണോ നിൽക്കുന്നത് അതാണ് ജീവൻ എന്താണ് ജീവൻ എന്ന് പറയുകയാണ് എന്റെ സുഖദുഃഖങ്ങൾ എന്നുള്ള അനുഭവം ആർക്ക് എവിടെ നിൽക്കുന്നു അതാണ് ജീവൻ ഈ കൽപ്പനയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന തുര്യനാണെങ്കിലോ അനേവം ലക്ഷണം ആത്മനി അവിടെയാണ് ഈ കൽപ്പനകളെല്ലാം സംഭവിക്കുന്നത് ശുദ്ധമായ ആത്മാവ് രജ്ജുവാമി വർപ്പം എന്തടുത്ത് പറയും രജ്ജുവിലെ സർപ്പത്തെ പോലെ സർവം കൽപ്പയതെ പൂർവം ആ കല്പനകൾ അങ്ങനെ സംഭവിക്കുന്നു ഏത് കാര്യത്തെ കുറിച്ച് നമുക്കൊരു കാല ദേശബോധത്തോടുകൂടിയേ ചിന്തിക്കാൻ കഴിയും അതുകൊണ്ട് പറഞ്ഞ പൂർവ്വം ആദ്യം ഇതിനൊരാദിയില്ല അതാണ് സംസാരം അനാദി അനന്തം എന്ന് പറയുന്നു ആദിയില്ലാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പറയുന്നു ആദ്യം ആ കൽപ്പന ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കൽപനാശൂന്യമായിരുന്നു സുഷുതിയിൽ അപ്പൊ ഇതൊന്നും കൽപ്പിച്ചില്ല അവിടെ അന്തര്യാമി കൽപ്പനാരഹിതനായി നിന്നു അത് കഴിഞ്ഞ് കൽപ്പന തുടങ്ങി അതാണ് ആ ജാഗ്രത് ആ കൽപ്പന ജാഗ്രതാകാം സ്വപ്നമാകാം കൽപ്പനാരഹിതമായിരുന്ന സ്ഥലത്ത് കൽപ്പനകൾ ആരംഭിക്കുന്നു അവിടെ ജീവഭാവം വരുന്നു പിന്നെ ജീവന്റെ കൽപ്പനകൾ വരും തതർകാരകഫലേന പ്രാണാദീൻ നാനാവിധാൻ ഭാവാൻ ബാഹ്യാൻ ആധ്യാത്മിക സേവകൽപ്പിതയും നാനാഭാവങ്ങള് ആ ജീവന് വേണ്ടി താതർഥ്യേന ജീവന് വേണ്ടി എന്നിട്ട് ജീവന്റെ കർമ്മത്തിന് വേണ്ടി ജീവന്റെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി സർവത്തിനും ആയി ക്രിയാകാരക ഫല രൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ ആ കർമ്മം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ആ കർമ്മത്തിന്റെ ഫലം സർവത്തെയും കൽപ്പിക്കുന്നു സ്വർഗനരകളെല്ലാം അതിനാവശ്യമുള്ള പ്രാണാദീൻ ആ ജീവന് കർമ്മം ചെയ്യണമെങ്കിൽ പ്രാണൻ വേണം ഇന്ദ്രിയങ്ങൾ വേണം മനസ്സ് വേണം ഇതിനെല്ലാം കൽപ്പിക്കുന്നു ആ തിരിയൻ തിരിയന് കൽപ്പന പോലെ സംഭവിക്കുന്നു നാനാവിധാൻ ഭാവാൻ വസ്തുക്കൾ ബാഹ്യാൻ ആധ്യാത്മിക ബാഹ്യമായി പഞ്ചഭൂതങ്ങൾ ആധ്യാത്മികമായി പ്രാണനം തുടങ്ങിയ സർവവും ഇതെല്ലാം അവിടെ കൽപ്പനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു പുറമേ നമ്മൾ ഒരു കൽപ്പന നടത്തണമെങ്കിൽ ആ കൽപ്പനയ്ക്കൊരാധാരം വേണം കൽപ്പന വേണം കൽപ്പനയെ കാണുന്നവൻ വേണം എന്നാലും ഒരു കൽപ്പന നടക്കത്തും കാണുന്ന ഒരാൾ വേണം കൽപ്പിക്കാനായ കുറെ ഇവിടെ അതൊന്നും ആവശ്യമല്ല ഇവിടെ എന്താണോ നിദ്രയിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കൽപ്പിക്കുന്നവനില്ല കൽപ്പനയ്ക്കുള്ള ആധാരമില്ല കൽപ്പനകളുമില്ല പെട്ടെന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അവിടെ കൽപ്പിക്കുന്നവൻ വന്നു ഇതെല്ലാം കാണുന്നവൻ കൽപ്പിക്കാൻ ബാഹ്യമായി പലതും വന്നു ബാഹ്യവും ആഭ്യന്തരവുമായി പലതും വന്നു കൽപ്പനയ്ക്ക് ആധാരവും വരുന്നു ശുൽഫിയിൽ എന്തായിരുന്നു അവിടെ ഈ കേവലം തുര്യൻ മാത്രം കേവല തുരിയെന്ന് പറയുമ്പോൾ അവിടെ കൽപ്പനയില്ലാതുകൊണ്ട് തന്നെ അവൻ കൽപ്പിക്കുന്നവനല്ല കല്പനയില്ലാത്ത കൊണ്ട് തന്നെ അവിടെ കൽപ്പനയ്ക്ക് ആധാരമില്ല ഇതൊന്നും ഇല്ലാതിരുന്നിടത്ത് നിന്ന് വളർന്നപ്പോ ഇതെല്ലാം വന്നു അതാണ് തത്ര കൽപ്പനായ കോ ഹേതു എന്താ ഈ കൽപ്പനക്ക് ഹേതു അത്യന്തികമായി ഇതിന്റെ ഹേതു എന്ന് പറയുന്നത് മായ എന്നേ പറയാൻ പറ്റും കാരണം ഇതൊന്നുമില്ലാതിരുന്നിടത്തൊന്നും ഇതെല്ലാം ഉണ്ടാവും അതിനുമായി എന്നെ പറയാൻ പറ്റും എന്നാൽ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് യോവസോ സ്വയം കൽപ്പിതോ ജീവ സർവകൽപ്പനായ അധികൃത യഥാവിദ്യോ യാദൃശി വിദ്യ വിജ്ഞാനമസീതി തഥാവിദ്യ തഥാവിധായ സ്മൃതി തസീതി തഥാസ്മൃതി സമൃദ്ധി സ്വയം കൽപ്പിതനാണ് ജീവൻ എന്ന് പറയും ജീവൻ സ്വയം കൽപ്പിതൻ എന്ന് പറയുമ്പോ പറഞ്ഞല്ലോ പുറമേ നമ്മൾക്ക് എന്തെങ്കിലും കൽപ്പിക്കണമെങ്കിൽ അവിടെ കൽപ്പനയ്ക്കൊരാധാരം വേണം രജ്ജു വേണം സർപ്പത്തെ കല്പിക്കാൻ മറ്റു പലതും വേണം മനസ്സ് ഇന്ദ്രിയങ്ങൾ പലതിനെ ആശ്രയിച്ചാണ് ആ കൽപ്പനകളെല്ലാം നടക്കുന്നത് പക്ഷെ ജീവനെ കൽപ്പിക്കുന്നതിന് ഒന്നുമില്ല അത് സ്വയം കൽപ്പിതനാണ് മായയാൾ കൽപ്പിതനാണ് അവിടെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല സ്വയം തന്നെ അത് സംഭവിക്കുന്നു എങ്ങനെ ഈ കൽപ്പന സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ഉണർന്നു എന്ന് ചോദിക്കും പോലെ എന്താണ് അതിന് ഹേതു അതങ്ങനെ സംഭവിക്കുന്നു എന്നേ പറയാൻ പറ്റും ഒരു ഹേതുവും ണന്നിരുന്നിട്ട് ഉണർത്തുന്നതല്ല ഒരാൾ ഉണർന്നു വരുന്ന ഇവിടെ അന്ധകാരത്തിനൊന്നാണ് ഇവിടെ ഉണർത്താനായിട്ടൊരു ഹേതു ഇവിടെ ഉണർന്നിരുന്നില്ല എന്നാലും ഉണരുന്നു അതങ്ങനെ സംഭവിക്കുന്നുവെന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്താണ് അതിന് ശരിക്കുള്ള കാരണം പറയാൻ നിവൃത്തിയിരുന്നു കാരണം എല്ലാ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഉണർന്നതിന് ശേഷമാണ് അവിടെ ഇരുന്നുകൊണ്ട് ആ ഉണർവിലിരുന്നു കൊണ്ട് ഉണർവില്ലാത്ത സമയത്തെക്കുറിച്ചുള്ള കാരണ അന്വേഷണ ഒരിക്കലും പൂർണ്ണമാകത്തില്ല ഉറങ്ങിയ സമയത്താണോ ഉള്ള കാരണത്തെ കുറിച്ച് ഉണർന്നതിന് ശേഷം അന്വേഷിക്കും ഓണർവിലുള്ള കാരണങ്ങളെ നമുക്ക് പിടികിട്ടും ഉറക്കത്തുള്ള കാരണൊരിക്കലും ഉണർവിൽ പിടികിട്ടത്തില്ല നമുക്ക് പറയാം ഉറങ്ങുന്നത് ഉറങ്ങിയിട്ടുണരുന്നതിനും പല കാരണങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഉണർവിൽ ഉള്ള കൽപ്പനകളാണ് ഉറക്കത്തിലെ വാസ്തവം ഉണർവിന് പിടികിട്ടുന്നില്ല ഉണർന്നു ചെയ്യുന്ന കൽപ്പനകൾക്ക് അവസാനം കൊണ്ട് അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കും അതുപോലെ ഉണർവിന്റെ രഹസ്യം പോലെയാണ് ഈ കൽപ്പനയുടെ ജീവകൽപ്പനയുടെ രഹസ്യം അതുകൊണ്ടാണ് പറയുന്നത് സ്വയം അങ്ങനെ സംഭവിച്ചു സ്വയം കൽപ്പിക്കപ്പെട്ട് തിരിയൻ തന്നെ എന്ത് ചെയ്യുന്നു സ്വയം അങ്ങനെ മാറി എന്ന് ഞാൻ പറയാൻ ജീവഭാവത്തിലേക്ക് വന്നു പ്രത്യേകിച്ചൊരു കാരണം അതിന് പറയാൻ കഴിയാത്ത പറയുന്നത് അത് മായയാണ് എന്ന് പറയുന്നത് വ്യക്തമായൊരു കാരണത്തു നിർദ്ദേശിക്കാമെ സർവകല്പനായാം അധികൃത അവൻ പിന്നീട് എന്ത് ചെയ്യുന്നു ഈ കർമ്മങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട് അവന്റെ മനസ്സും അവന്റെ ഇന്ദ്രിയങ്ങളെയും എല്ലാം ആശ്രയിച്ചുകൊണ്ട് അവൻ പിന്നീട് അനന്തമായ കൽപ്പനകൾ ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരെ അനന്തമായ കൽപ്പനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എത്രയൊന്നും പറയാൻ കഴിയത്തില്ല എണ്ണമറ്റ കൽപ്പനകൾ സർവകല്പനായ അധികൃത അവൻ ആ ഉണർവിൽ സർവത്തെയും കൽപ്പിക്കുന്നു ബ്രഹ്മത്തെ കല്പിക്കുന്നു ബന്ധത്തെ കല്പിക്കുന്നു മോക്ഷത്തെ കല്പിക്കുന്നു സ്വർഗനിരകങ്ങളെ കല്പിക്കുന്നു സർവത്തെയും കൽപ്പിക്കുന്നു അവന് സർവകൽപ്പനയ്ക്കും അവനധികായിരിക്കുന്നു യാദൃശി വിദ്യ വിജ്ഞാനം അസൈലി തഥാവിദ്യ സ്മൃതി തസ് തഥാസ്മൃതി പിന്നെ അവന്റെ ഈ കൽപ്പനകളെല്ലാം മുഖ്യമായ രണ്ട് രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനുഭവ രൂപത്തിൽ മറ്റൊന്ന് സ്മൃതിരൂപത്തിൽ അനുഭവങ്ങൾ സത്യവും മിഥ്യയുമായ അനുഭവങ്ങൾ യഥാർത്ഥവും യഥാർത്ഥവുമായിട്ടുള്ള അനുഭവങ്ങൾ അതാണ് കൊണ്ടാടുന്ന കഴിഞ്ഞാൽ അവന്റെ കൽപ്പനകൾ എന്ന് പറയുന്നു ചിലതവന് സത്യമായി അനുഭവപ്പെടുന്നു ചിലതവന് അസത്യമായി അനുഭവപ്പെടുന്നു രജ്ജു അവന് സത്യമായി അനുഭവപ്പെടുന്നു സർപ്പവന് ായി അനുഭവപ്പെടുന്നു ഇത് അനുഭവങ്ങൾ ഓരോ അനുഭവങ്ങളെയും പിന്തുടർന്ന് സ്മൃതി പരസ്പര യുവ കാര്യകാരണഭാവത്ത് ഇതാണ് കൽപ്പന എന്ന് പറയുന്നത് സ്മൃതി പിന്നീട് തുടർന്ന് വരുന്ന അനുഭവത്തിന് സഹായകമായിരിക്കും അനുഭവങ്ങളെല്ലാം വീണ്ടും സ്മൃതി ഉണ്ടാക്കുന്നു സ്മരണകളെ ഉണ്ടാക്കുന്നു ഈ കൽപ്പനകൾ പ്രത്യക്ഷമായി ഒന്ന് കാണുന്നു കേൾക്കുന്നു രചിക്കുന്നു മണക്കുന്നു സ്പർശിക്കുന്നു അവിടെയെല്ലാം പ്രത്യക്ഷമായ അനുഭവം ആ അനുഭവങ്ങൾ നിൽക്കേ അവന്റെ മനസ്സവിടെ പോകുന്നു അതിനെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക് പോകുന്നു മനോരഥങ്ങൾ എല്ലാം സ്മരണകളാണ് പൂർവ്വാനുഭവങ്ങളെ സ്പർശിച്ചു വരുന്ന സ്മരണകൾ അതിനെ വരുന്ന ഭാവനകൾ ഇതെല്ലാം അനുഭവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണോ അനുഭവങ്ങൾ അതിനോട് ചേർന്ന് വരുന്ന സ്മരണകൾ ഇതിനെല്ലാം ആശ്രയിച്ചു കൊണ്ടുവരുന്ന ഭാവന ഭാവനയിലെന്തും അനുഭവപ്പെടാത്തതിനെയും ഭാവനയെ അനുഭവിച്ചതിനെ സ്മരിക്കാൻ പറ്റും ഈ ഭാവനയും സ്മരണകളും ഇതെല്ലാം അത് അനുഭവമായാലും ശരി സ്മരണയായാലും ശരി എല്ലാം കൽപ്പന തന്നെയാണ് ഇവിടെ പറയുന്നത് ജീവന്റെ കൽപ്പനകളാണ് ഏറ്റവും വലിയ അനുഭവമായാലും ശരി അതും ജീവന്റെ കൽപ്പന തന്നെയാണ് എന്തിനെ സംബന്ധിച്ചുള്ള അനുഭവമായാലും ശരി ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭവമായാലും ശരി അനാത്മാവിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അതായാലും ശരി എല്ലാം ജീവന്റെ കല്പനകളാണ് അതിനിപ്പറയും വടക്ക് വരുന്ന ഭാഗത്ത് പറയും ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പലതരത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഒരേ തരത്തിലല്ല ഒരാൾ പറയുന്നു ഞാൻ സത്യത്തെ അന്വേഷിക്കുന്നു ഞാൻ സത്യം അന്വേഷിക്കാണ് ആത്മാവിനെ അന്വേഷിക്കുന്നു പരമാർത്ഥത്തെ അന്വേഷിക്കുന്നു ഈ അന്വേഷണങ്ങളിലെല്ലാം ഈ അന്വേഷണങ്ങൾക്ക് അയാൾ അവലംബിക്കുന്നതു തന്റെ കൽപ്പനകളെയാണ് കല്പന നിർബന്ധം മായാ കാര്യങ്ങളായിരിക്കുന്ന കൽപ്പനകളെയാണ് ആശ്രയിക്കുന്നു അതിനയാൾ ആർജിക്കുന്ന അനുഭവങ്ങളോ അത് ഈ കൽപ്പനകളിൽ തന്നെ ഏറ്റവും ഉയർന്ന അനുഭവം എന്ന് പറയുന്നതും കൽപ്പന ജീവന്റെ കൽപ്പനയാണ് അതിനപ്പുറം ഒരു അനുഭവങ്ങളും ഒരാൾ പറയുന്ന എനിക്ക് ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ ഒന്നുണ്ടായോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ അത് കൽപ്പന തന്നെയാണ് ആ കൽപ്പനകളിൽ ഉണ്ടാകും നമുക്ക് തന്നെ കൊണ്ടിടുന്നിരുന്ന് നമ്മൾ പലതിനെ അറിയുമ്പോൾ ഇവിടെ യഥാർത്ഥവും അയഥാർത്ഥവുമായിട്ട് തന്നെ അനുഭവങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഈ കൽപ്പനകളിൽ ശ്രേഷ്ഠമായ കൽപ്പനകളും നികൃഷ്ടമായ കൽപ്പനകളും ഉണ്ടാവും അത് ശരിയാണ് പക്ഷെ ഇതെല്ലാം കൽപ്പനകൾ തന്നെയാണ് ഭാവന തന്നെയാണ് അത് തന്റെ അനുഭവവും സ്മൃതിയും ഈ രണ്ട് രൂപത്തിലും ഇതിനനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതോ ഹേതു കല്പന വിജ്ഞാന ഫലവിജ്ഞാനം ഹേതു ഫലസ്മൃതി തത് തദ്വിജ്ഞാനം വിജ്ഞാനി ഈ പ്രപഞ്ചാനുഭവത്തെ കുറിച്ച് പറയും കാരണങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ മനസ്സിൽ വരുന്നു ഭക്ഷണത്തെക്കുറിച്ച് കൽപ്പന വരുന്നു ഫലവിജ്ഞാനം അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള അറിവ് വരുന്നു എന്താണോ ഭക്ഷണം തൃപ്തി ഉണ്ടാകുന്നത് ഹേതുവിനെയും ഫലത്തിനെയും കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ സ്മൃതി ഉടൻ അവൻ അതിന് അതിനെക്കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകുന്നു ഭക്ഷണത്തെ സ്മരിക്കുന്നു ഭക്ഷണം കഴിച്ചുണ്ടായ സുഖാനുഭവത്തെ സ്മരിക്കുന്നു ഉടൻ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം അറിവുണ്ടാകുന്നു അതെങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ നേടാം അതെങ്ങനെ നുഭവിക്കാം അതിൽ നിന്ന് എങ്ങനെ തൃപ്തി ഉണ്ടാകുന്നു തദർത്ഥ ക്രിയാകാര അതിനനുസരിച്ചുള്ള ധർമ്മകലാപങ്ങൾ അവനേർപ്പെടുന്നു എങ്ങനെയല്ല അത് സമ്പാദിക്കാം അനുഭവ സ്മൃതികളിൽ നിന്നും ഒരുവൻ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് ഭക്ഷണവും തൃപ്തിയും ഭക്ഷണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമുണ്ട് അതിനോടനുബന്ധിച്ച് വളരെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അതിന്റെ ഫലമെന്ന് പറയുന്നത് ആത്യന്തികമായി അത് അനുകൂലമായി വന്നാൽ തൃപ്തിയാണ് പ്രതികൂലമായി വന്നാൽ ദുഃഖൂര അതിനെ സംബന്ധിച്ച് അനന്തമായ കർമ്മങ്ങൾ നടക്കുന്നു അതാണ് തതിർത്ത ക്രിയാകാരക തദ്ദവിജ്ഞാന അതിനോടനുബന്ധിച്ച് വരുന്ന അനേക അനുഭവങ്ങൾ അനേക സ്മരണകൾ ഇതുപോലെ ഈ പ്രപഞ്ചാനുഭവങ്ങളിലെല്ലാം ഹേതുഫലങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും സ്മൃതികളും അതിനെ ആശ്രയിച്ചു വരുന്ന പ്രവൃത്തിയും ഇത് സർവവും ജീവന്റെ കൽപ്പനയാണ് എന്നാണ് വിജ്ഞാനി അങ്ങനെ കർമ്മങ്ങളിൽ നിന്നും കർമ്മങ്ങൾ തന്നെ തുടർന്നു വരുന്ന ജ്ഞാനസ്മൃതികൾക്ക് ഹേതുവായിത്തീരും കാരണം ഭക്ഷണം കഴിച്ചു തൃപ്തി നേടി അവിടെ കർമ്മമുണ്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തെ ആർജിക്കുക ഇതെല്ലാം കർമ്മമാണ് ഈ കർമ്മങ്ങൾ തന്നെ വീണ്ടും അവന് ജ്ഞാനത്തിന് സ്മൃതി കാരണമായിത്തീരും വീണ്ടും ആ കർമ്മം തന്നെ അവനെ പ്രേരിപ്പിക്കുന്ന എന്താണ് ഇത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം ഈ കർമ്മങ്ങളാണ് ഇനി സുഖത്തിന് കാരണമായിത്തീരുന്നത് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ പഴയ സുഖ അനുഭവങ്ങളുടെ സ്മൃതി ഇതെല്ലാം കൂടി കൂടിക്കലർന്ന് അനുഭവം സ്മൃതി കർമ്മം പരസ്പരം കാര്യകാരണ രൂപത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ അതുകൊണ്ട് ഇതെല്ലാം ജീവകൽപ്പനയാണ് എന്ന് പറയുന്നു ഈ ഹേതുഫല രൂപത്തിലുള്ള ഈ പ്രപഞ്ചം അപ്പോൾ ഈ തുരിയന്റെ കൽപ്പനയിൽ ജീവൻ പലതും കൽപ്പിക്കുന്നു തുര്യൻ്റെ ഇതെല്ലാം കൽപ്പിച്ചു ഇതെല്ലാം കൽപ്പനാരൂപത്ത് സൃഷ്ടിച്ചു ജീവനെയും സൃഷ്ടിച്ചു അവന്റെ ജ്ഞാനത്തിന് സ്മൃതിക്കും പ്രവൃത്തിക്കും വേണ്ട എല്ലാം സൃഷ്ടിച്ചു അവിടെ ജീവൻ ഇതിനെല്ലാം ആശ്രയിച്ചു ആ തുരിയെ സൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് അവന്റേതായ കൽപ്പനകൾ അവനും പലതും സൃഷ്ടിക്കുന്നു നിത്യവും ബാഹ്യാൻ ആധ്യാത്മികാംശ ഇതരേതര നിമിത്ത നൈമിത്തിക ഭാവേന അനേകതാ കല്പയതയും നിമിത്ത നൈമിത്തിക രീതിയിൽ കാര്യകാരണ രൂപത്തിൽ സർവത്തെയും കൽപ്പിക്കുന്നു വാസ്തവത്തിൽ കാര്യകാരണശൂന്യമായിരിക്കുന്ന തന്നെ കാര്യകാരണഭാവങ്ങളെല്ലാം അവൻ കൽപ്പിക്കുന്നു അതാണ് അവന്റെ സംസാരം ഈ സംസാരം എന്ന് പറയുന്നത് ഇവിടെ കേവലം കൽപ്പന മാത്രമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അത് പരമാർത്ഥമല്ല അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആത്യന്തികമായ സർവവും ആ തുര്യന്റെ കൽപ്പനയാണ് അല്ലെങ്കിൽ അന്തര്യാമിയുടെ കല്പനയാണ് ജീവം കൽപ്പയതേ പൂർവം പൃഥ്വിധാ ബാഹ്യത് യഥി യഥ്ജോ അന്ധകാരേ വികൾ ാദിത്മാത്രീവൽവൽമായി പറയുകയാണ് ജീവകൽപ്പനയാണ് സർവകല്പനകൾക്ക് മൂലമായിരിക്കുന്നത് കാരണം ജീവന്റെ കൽപ്പനകളാണ് നമുക്ക് അനുഭവമുള്ളത് കാരണം നമ്മൾ ജീവന്മാരാണ് നമ്മൾ പലതും കൽപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ സംശയം പക്ഷെ ഈ ജീവഭാവം അതെവിടെ നിന്ന് വന്നു ഈ സർവകൽപ്പനകൾക്ക് മൂലമായിരിക്കുന്ന ജീവഭാവം എവിടെ വന്നു അതാണ് ശൈവ ജീവകൽപ്പനത്തി നിമിത്തം ആ ജീവകൽപ്പന എങ്ങനെ സംഭവിച്ചു ും കല്പന വരത്തില്ല ഋജുവിന് ശരിയായി ധരിച്ചവന് സർപ്പകൽപ്പനയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല അത് മനസ്സിലാക്കാത്തതുണ്ട് സേനരൂപേണ അനിശ്ചിത അനവധാരത ഇന്നതാണെന്ന് വ്യക്തമായി ധരിക്കാത്തതുണ്ട് ഇന്നതാണ് രജ്ജു എന്ന് ധരിക്കാത്തതുകൊണ്ട് രജ്ജു മന്ദാന്തകാരേ ആ മന്ദാന്തകാരത്തിൽ സർപ്പമായിട്ടോ ഉദകധാരയായിട്ടോ നീരൊഴുക്കായിട്ടോ ദമായിട്ടോ വടിയായിട്ടോ അനേക ധാരകൽ പില്ലാ പോയി പലതരത്തിൽ അനുഭവപ്പെടണം എന്ന രീതിയിൽ തന്നെ അത് അനുഭവപ്പെടണമെന്നു എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചുള്ള പലതരത്തിലുള്ള തോന്നലുകൾ നിരന്തരം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രജു സർപ്പം എന്ന് പറയുന്നത് എടുക്കണ്ട പ്രതിക്ഷണമുള്ള നമ്മുടെ അനുഭവങ്ങളിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലതരത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ പേരും ഒരുപോലെ തന്നെ ധരിക്കുന്നു എന്താണോ എന്റെ വാസവും ആ രീതിയിലുള്ള ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് പലതായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദത്തിനും രൂപത്തിനും രസത്തിനും ഗന്ധത്തിനും സ്പർശത്തിനും എല്ലാം ഒന്നിനെയും നമ്മൾ അതായി ഗ്രഹിക്കണ്ട അങ്ങനെ എല്ലാ ജീവന്മാർക്കും ഒരേ കാലത്തിൽ ഒരേ അനുഭവങ്ങൾ ഉണ്ടാകണമായിരുന്നു അങ്ങനെയല്ല ഉണ്ടാകും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്താണോ അതിൽ മനസ്സിലാക്കേണ്ടത് ഒന്നിനെ തന്നെ നമ്മൾ പലതായി ധരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രാപഞ്ചമായ കാര്യങ്ങളെ തന്നെ ഓരോരുത്തരും ഈ പ്രപഞ്ചാനുഭവത്തിൽ സർവജീവന്മാരും പ്രതിക്ഷിണം ഭ്രമത്തിലാണ് ഒന്നിന്റെയും യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭൗതികമായ വസ്തുക്കളെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഭ്രമത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് രജുവിലെ സർപ്പ ഭ്രമത്വമാണ് ഈ രജിസർപ്പ രജി സർപ്പം എന്ന് പറഞ്ഞ് കൃത്രിമമായ ഒരു അനുഭവത്തെ നമ്മൾ ബോധിപ്പിക്കുന്നു നമുക്ക് ധരിച്ചു അങ്ങനെയല്ല അത് വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണത്തെ എടുത്തു ഉള്ളൂ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉണരുന്നതുവരെയുള്ള നമ്മുടെ പ്രപഞ്ചാനുഭവം ഒരു സ്ഥലത്ത് നമുക്ക് യഥാർത്ഥമായി ഒന്നിനെയും ബോധിക്കാൻ കഴിയും സർവത്ര നമുക്ക് രജിസർപ്പഭ്രാന്തിയാണ് പക്ഷെ അത് നമുക്ക് തന്നെ സ്വയം അത് വ്യക്തമല്ല അതുകൊണ്ട് നമ്മൾ രജിസർപ്പഭ്രാന്തി എന്ന് പറയുന്നത് ഒന്ന് പറയുമ്പോഴേ നമുക്കത് മനസ്സിലാകുന്നു ഒരിക്കലും ഒരുവൻ വേറൊരുവനെ അവന്റെ രീതിയിൽ അറിയുന്നില്ല തന്റെ സങ്കല്പം അനുസരിച്ച് തന്റെ ഭാവന അനുസരിച്ച് അറിയുന്നു ഒരിക്കലും ഒരാളൊരു വസ്തുവിനെ അതിന്റേതായ രീതിയിൽ മനസ്സിലാക്കുന്നു അതേ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ പല രൂപത്തിലും ഇരിക്കുന്നു അതിനെ സംബന്ധിച്ചെല്ലാം ഭ്രമത്തിലാണ് ജീവന്മാർ ഒന്നിനും യഥാർത്ഥമായി ആ ഭ്രമത്തിലാണ് അനേകഥാ വികല്പിത ഭവതി അനേക തരത്തിൽ ഉള്ള വികല്പങ്ങളിലാണ് നമ്മളെപ്പോഴും കഴിയുന്നത് ഞാൻ ഇന്ന വസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നു ഒന്നിനെ സംബന്ധിച്ചും അവസാനമായി നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളൊരു വസ്തുവിന്റെ പോലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കും പക്ഷെ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങളും അതേ കാണും അതിന്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാത്ത ഭാവങ്ങളിൽ നമ്മളുടെ അനുഭവങ്ങൾ ഭ്രമമായിരിക്കും അതുകൊണ്ട് ഈ ഒരു അനുഭവം പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥം എന്നുള്ളതിനേക്കാൾ ഉപരി ബ്രഹ്മാത്മകമാണ് കഥ ഞാൻ അനേകതാ വികൽപ്പിതാ ഭൂതി കൊറും സ്വരൂപ അനിശ്ചയം നീക്കം അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ സർപ്പം അത് അതേ രീതിയിൽ വെളിപ്പെടുന്നില്ല അതുപോലെ ഒരു വശവും അതേ രീതിയിൽ നമ്മൾ വെളിപ്പെടുന്നില്ല അതന്നെ നമ്മള് സയൻസ് എന്ന് പറയുന്നത് എന്താണ് അത് ഓരോ വസ്തുവിനേയും സംബന്ധിച്ച് പഠിക്കുകയാണ് നിരീക്ഷണം നടത്തുകയാണ് അതിൽ ഗവേഷണം നടത്തുകയാണ് എന്തുകൊണ്ട് ഗവേഷണം നടത്തേണ്ടി വരുന്നു ഏത് വസ്തുവിനെ എടുത്താൽ അത് ശരിയായ രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അവിടെ ഗവേഷണത്തിന്റെ ആവശ്യം ഭൗതികമായ ഏതൊരു പദാർത്ഥവും എടുത്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് അതെങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നതെന്ന് അത് തന്റെ യഥാർത്ഥമായ സ്ഥിതിയല്ല അതുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ സ്ഥിതിയെ നമ്മൾ അന്വേഷിക്കുകയാണ് അതാണ് നമ്മൾ ഗവേഷണമെന്ന് പറയുന്നു പഠനമെന്ന് പറയുന്നു ആ ഭ്രമത്തിനെ പിന്തുടർന്നാണ് നമ്മൾ പുതിയ പുതിയ നിഗമനങ്ങളിലെത്തുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ശാസ്ത്രീയമായി പഠിക്കുന്നു പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഇന്നുള്ള നമ്മുടെ അതിനെ സംബന്ധിച്ചുള്ള നിഗമനങ്ങളിൽ നിന്നും കുറച്ചുകൂടി നമ്മൾ വ്യക്തതയുണ്ടെന്ന് ധരിക്കുന്ന പുതിയ നിഗമനങ്ങളിൽ നിന്ന് എത്തിച്ചേരും വീണ്ടും അവിടെ മുന്നോട്ട് പോകും അപ്പോ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോന്നും ഭ്രമമാണ് ഒരു ഭ്രമത്തിൽ നിന്നും വേറെ ഭ്രമത്തിലേക്ക് പോകും ഒരു വസുവിനെ കാണുമ്പം തന്നെ അതിന്റെ യഥാർത്ഥമായ നമജ്ഞാനം നമുക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മുടെ ജിജ്ഞാസ ശമിക്കും പിന്നീട് നമ്മളതിനെ സംബന്ധിച്ചൊരു ഗവേഷണത്തിന് മുതലെടുത്ത് ഈ പ്രപഞ്ചം മുഴുവൻ പഠന വിഷയമായിരിക്കാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായ ജ്ഞാനമില്ല അതാണ് ഇവിടെ പറയുന്നു യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷെ അതിന് നമുക്ക് തൃപ്തി വരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഇത് അവസാനിക്കാതെ പോകുന്നത് ഭ്രമാത്മകമായ അന്വേഷണവും ഭ്രമാത്മകമായ കണ്ടെത്തലും ഇതാണ് ശാസ്ത്രം സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരിടത്തും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അവിടെ വിശ്രമം ഉണ്ടാകണം കാരണം വീണ്ടും മനസ്സിൽ ജിജ്ഞാസിക്കുക ഇനി എന്താണ് ഇതൊരറിഞ്ഞത് പൂർണമായെങ്കിൽ തന്നെ ഇനി എന്താണെന്നൊരു അന്വേഷണം വരത്തില്ല അനേകഥ ഉള്ള വികല്പങ്ങളാണത് ഓരോ കണ്ടെത്തലുകളും വികല്പങ്ങളാണ് സത്യത്തെ അറിഞ്ഞുകഴിഞ്ഞാലോ ജിജ്ഞാസ ശ്രമിക്കും രജ്ജുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജിജ്ഞാസ ശ്രമിക്കും അതായത് രജ്ജു ആണോ ആത്യന്തികമായ ജിജ്ഞാസയല്ല ആ വിഷയത്തിൽ അവന് ബോധ്യം വരുന്നു അവന് വീണ്ടും റിജ്ജുവിനെക്കുറിച്ച് സംശയം ഉണ്ടാകും എന്തുകൊണ്ട് പ്രാപഞ്ചികമായ ഒരു അനുഭവം യഥാർത്ഥമല്ലാത്ത അതന്നെ ഇവിടെ പറയുന്നു ഒരു ഭ്രഹസ്ഥലം വ്യക്തമായ ഒരു ഭ്രഹസ്ഥലത്ത് അതിന്റെ അധിഷ്ഠാനം എന്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ അവൻ തന്നെ ആ ഭ്രമം മാറി അവന് നിശ്ചിത ബുദ്ധി വരും ആ വിഷയത്തെ വീണ്ടും അവന് അറിയാൻ ശ്രമിക്കാം ജിജ്ഞാസ ഉണ്ടാകാം ജിജ്ഞാസ ഉണ്ടാകുന്നു അപ്പം മനസ്സിലാകണമെന്താണോ അവിടെ അവൻ ഭ്രമത്തിലാണ് ഭ്രമമാണ് ജിജ്ഞാസക്ക് കാരണം സർവ്വ സംശയങ്ങൾ ഒടുങ്ങുന്നു ആത്മബോധത്തിൽ അവന് സർവ സംശയങ്ങൾ ഒടുങ്ങുന്നു എന്തുകൊണ്ട് യഥാർത്ഥമായ അത് അത് മാത്രമേയുള്ളൂ അവിടെ മാത്രമേ സർവ്വ സംശയങ്ങളും ഒടുങ്ങത്തുള്ളൂ അതുവരെ നമ്മൾ എന്തെല്ലാം കണ്ടെത്തിയാലും എന്തെല്ലാം അന്വേഷിച്ചാലും സംശയങ്ങൾ ഒടുങ്ങത്തില്ല അതെല്ലാം ഭ്രമമായിരിക്കും ഭ്രമത്തിൽ ഏറ്റക്കുറച്ചിറുകളുണ്ട് അത് സംഭവിക്കും ഒന്നും സത്യാനുഭവമല്ല സത്യാനുഭവത്തിലാണെങ്കിലോ അതിന്റെ അടയാള എന്താണ് അവിടെ സംശയങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു അജ്ഞാനം പൂർണമായും ഇല്ലാതാകുന്നു സർവ ചോദ്യങ്ങളും അവിടെ അവസാനിക്കുന്നു പിന്നെ ആ വിഷയത്തിൽ ചോദ്യങ്ങൾ ഇല്ലാതെ വരുന്നു ഭൌതികമായ ഒരു വിഷയത്തിലും അങ്ങനെ ഉണ്ടാകത്തില്ല അവിടെ ഏത് കണ്ടെത്തലുകളായാലും ശരി വീണ്ടും ചോദ്യം അവശേഷിക്കും അതാണ് കൂടുതൽ കണ്ടെത്തലിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നു പ്രപഞ്ച അനുഭവത്തെക്കുറിച്ചുകൂടെ അതാണ് പറയുന്നത് അനേക തരത്തിൽ ഉള്ള വികല്പങ്ങളാണത് ഭ്രമമാണോ അല്ലെങ്കിൽ സംശയമാണോ എന്തുകൊണ്ട് സ്വരൂപ നിശ്ചയം നികത്താം അവിടെ സ്വരൂപനിശ്ചയം ഉണ്ടാകുന്നുണ്ട് ആത്മനിശ്ചയം ഉണ്ടാവുന്നില്ല ആത്മനിശ്ചയത്തിൽ സംശയങ്ങളും അവസാനിക്കുന്നു എന്നറിയും അപ്പൊ ഇപ്പോ നമ്മൾ ആത്മാവിനെക്കുറിച്ച് ധരിക്കുന്നു പലതും ൾ ബുദ്ധി കൊണ്ട് ധരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിക്കപ്പുറം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായി ആത്മാവിനെ സംബന്ധിച്ച് അതീന്ദ്രിയമായോ അല്ലെങ്കിൽ അലൗകികമായോ നമുക്ക് പറയാൻ വയ്യാത്തതോ ആയ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കുണ്ടായി ആ അനുഭവത്തെ സംബന്ധിച്ച് ഇവിടെ പറയും പലരുടെ അനുഭവം പലതാണ് സത്യം എന്താണെന്ന് അന്വേഷിച്ച ഈ കാണുന്നതിന് പ്രപഞ്ചം തന്നെ സത്യമാണെന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടാം സ്ഥൂരവും സൂക്ഷ്മവും കാലവും ദേശവും ഓരോന്നും സത്യമാണെന്ന് അനുഭവപ്പെടാം അപ്പൊ സത്യം നിശ്ചയം എങ്ങനെ വരും ഇതെല്ലാം മനസിന്റെ അനുഭവങ്ങളാണ് മനസ്സിന്റെ കണ്ടെത്തലുകളാണ് നമുക്ക് സംഭവിച്ചത് സത്യാനുഭവമാണോ എന്നെങ്ങനെ അറിഞ്ഞ ശ്രുതി എന്നെ പറയും എന്താണ് ചിത്യന്ത് സർവസംശയ സർവസംശയങ്ങളും അവസാനിക്കുന്നു പിന്നീട് ഒരു സംശയവും അതിൽ ഉയർന്നു വരുന്നു അതാണ് സത്യാനുഭവം എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾക്ക് എന്ത് അലൗകികമായ അനുഭവങ്ങളുണ്ടായാലും ശരി സമാധി അനുഭവം വരെ ആയിക്കോട്ടെ ആ വിഷയത്തിൽ വീണ്ടും ഏതെങ്കിലും സംശയം വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ അനുഭവം ്രമാത്മകമായിരുന്നു പൂർണമായിരുന്നില്ല അതുകൊണ്ട് സത്യാനുഭവത്തിന് ഒരിക്കലും മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല മറ്റൊരാളുടെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല എനിക്ക് ആത്മാനുഭവം ഉണ്ടായി എനിക്കുണ്ടായത് ആത്മാനുഭവമാണെന്ന് വേറൊരാളിനെത്തി ചോദിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ അനുഭവം പൂർണ്ണമായിരുന്നില്ല അതിലെന്തൊക്കെ അപൂർണതകളുണ്ടായി ഈ അപൂർണതകളെ പരിഹരിക്കാൻ പോയി സത്യ അനുഭവത്തെ പരിഹരിക്കാനല്ല തനിക്കുണ്ടായ അനുഭവത്തിന്റെ അപൂർണതകളെ പരിഹരിക്കും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാലും ഗുരുവിനോട് ചോദിക്കും ഇത് ശരിയാണ് സ്വയം അയാൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗുരുവിനെ ആശ്രയിക്കുന്നത് ഗുരു പറയുന്നു അത് ശരിയല്ല ഒര നീ തേണ്ടടുത്ത് എത്തിയില്ല അങ്ങനെ സംഭവിക്കാം എന്തുകൊണ്ട് അവിടെയെല്ലാം തന്റെ അവിടെ പൂർത്തീകരണം തനിൽ സംഭവിച്ചിട്ടില്ല തന്നിൽ സംഭവിച്ചാൽ അവിടെ പിന്നെ ഗുരു നൈവശിഷിയടുത്ത് പറയും രീതിയിലാവും അവിടെ പിന്നെ മറ്റൊന്നും അതുകൊണ്ടാണ് പറയുന്നത് പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന വേദം പൂനം സത്യദർശിയെ സംബന്ധിച്ച് പ്രമാണമല്ല വേദത്തിനവൻ പ്രമാണമാണ് അല്ലാതെ അവന് വേദം പ്രമാണമല്ല എന്ന് പറയും അവനെ ആശ്രയിച്ചിട്ടാണ് വേദം നൽകുന്നത് വേദത്തെ ആശ്രയിച്ചൊന്നും പ്രമാണീകരിക്കേണ്ട ആവശ്യം ഒരു സത്യദർശിക്കില്ല അതുകൊണ്ട് ആ നിശ്ചിന്തത സംശയരാഹിത്യം ബ്രഹ്മരാഹിത്യം അത് എങ്ങനെ ഇവിടെ പറയുന്നത് അത് അസ്വരൂപനിശ്ചയം കൊണ്ടാണ് അസ്വരൂപനിശ്ചയത്തിൽ അവിടെ പറയുന്ന എന്താണ് സർവ സംശയങ്ങളും ചിത്യന്റെ സർവ സംശയാ അവിടെ തീരുന്നു എന്നാണ് അത് വിശദീകരിക്കുന്ന ടി പൂർവമേവരെ സ്വരൂപേണ നിശ്ചിതാ സാ സർപ്പാദിപികൾക്കോ ഭവിഷ്യം ആർക്കാണോ രജീവനെ കുറിച്ച് ബോധ്യമുള്ളത് അവിടെ പിന്നെ അയാൾക്ക് അതിനെ കുറിച്ച് മറ്റൊന്നും തോന്നുന്നില്ല അത് സർപ്പമാണെന്നോ നേർച്ചാലാണെന്നോ വടിയാണെന്നോ പൂമാരയാണെന്നോ ഒന്നും തോന്നുന്നില്ല സർപ്പത്തെയാൾ സർപ്പമായി തന്നെ കാണുന്നു തന്റെ സ്വരൂപത്തെ പരമാർത്ഥമായും സത്യമായും തന്നെ കാണുന്നു അവനെ സംബന്ധിച്ച് മറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രപഞ്ചാനുഭവം ഇല്ലെന്നല്ല മരുമരീചിക ജലമല്ലാന്ന് ബോധ്യപ്പെട്ടാലും അതിന്റെ പ്രതീതി കാണുന്നതുപോലെ പ്രപഞ്ചാനുഭവം സത്യദൃശിക്ക് നിൽക്കാമെന്ന് പറയുന്നുണ്ട് പ്രപഞ്ചം ഇല്ലാതായി പോവുകയല്ല രജ്ജുവിനെ സർപ്പം രജ്ജുവിനെ ബോധിച്ചാൽ മറന്നു പോവും ഇല്ലാതായിത്തീരുന്നു പക്ഷെ മരുമരീചികയിൽ പ്രതീതി മായന്നില്ല അതുപോലെ പ്രപഞ്ചാനുഭവം നിന്നാലും അവൻ ഭ്രാന്തനല്ല അവനൊരു സംശയമില്ല എന്തിനെ സംബന്ധിച്ച് പ്രപഞ്ചകാര്യങ്ങളെ സംബന്ധിച്ചല്ല സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അതിനൊരു സംശയമില്ല നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി നിങ്ങളത് മറ്റൊരാളോട് പോയി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അനുഭവം യഥാർത്ഥമായിരുന്നില്ല എന്നാണ് യഥാർത്ഥമാണെങ്കിൽ ആ അനുഭവത്തിൽ സംശയവും ഭ്രാന്തിയൊന്നും നിലനിൽക്കത്തില്ല അത് പരമാർത്ഥമായിരിക്കും പിന്നെ മഹാത്മാക്കൾ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവര് തന്നെ പലപ്പോഴും ശാസ്ത്രത്തെയും മറ്റും അവലംബിക്കാറുണ്ട് അത് രണ്ടു തരത്തിലാണെന്നെന്താണ് പൂർവാചാര്യന്മാരുടെ ആ പരമ്പരയെ അംഗീകരിക്കുന്നതിനു വേണ്ടി അവരങ്ങനെ ചെയ്യും മറ്റൊന്നിനു വേണ്ടിയും പരന്മാരെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് പൂർവാചാര്യസമ്മതമായ ശാസ്ത്രീയമായ ഉപായങ്ങളെ സ്വീകരിക്കും അതൊക്കെ സംഭവിക്കും അതൊക്കെ വ്യവഹാരമാണ് ആത്മനിഷ്ഠമായ അനുഭവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പലരുടെയും ചരിത്രത്തിലൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടവരോ ആത്മനിഷ്ഠന്മാരായിരുന്നിട്ടും വീണ്ടും ഗ്രന്ഥം അധ്യയനം ചെയ്തു എന്നും മറ്റും പറയും അതെല്ലാം എന്തിനു വേണ്ടി ഇതിന്റെ ശാസ്ത്രീയത വ്യാവഹാരികമായ ഇതിന്റെ ഒരു ശാസ്ത്രീയതയുണ്ട് സത്യത്തെ ബോധിപ്പിക്കുന്നതിന് അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് തന്റെ ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ആത്മനിഷ്ഠ നിരപേക്ഷമാണ് അതൊരു ശാസ്ത്രത്തെയും ഒരു സമ്പ്രദായത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല ശാസ്ത്ര സമ്പ്രദായവും ഒക്കെ പരബോധനത്തിനാണ് അതൊക്കെ വേണ്ടി വരുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ അതിനുവേണ്ടി ചിലപ്പോൾ അവരതിന് പ്രപഞ്ചത്തിൽ നിന്ന് പലതും സ്വീകരിക്കുന്നതുപോലെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു ലോകസംഗ്രഹപ്രവൃത്തികൾ പലതും ചെയ്യുന്നു ആത്മനിഷ്ഠയിൽ തൻ അതുപോലെ ശാസ്ത്രത്തെയും മറ്റും സ്വീകരിച്ച് ലോകത്തിനെ ബോധിപ്പിച്ചെന്ന് അത് സ്വീകരിക്കുന്നു തനിക്കു വേണ്ടിയില്ല ലോകത്തിനു വേണ്ടി ലോകത്തിന്റെ സംസ്കാരം ശാസ്ത്രീയമാണ് ലോകത്തിന്റെ ശാസ്ത്രീയമായ സംസ്കാരത്തിനനുസരിച്ച് ശാസ്ത്രത്തെ സ്വീകരിക്കുന്നു അതാണ് മഹാത്മാക്കൾ ശാസ്ത്രത്തെ സ്വീകരിക്കുന്നു ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജ്ഞാനികൾ തന്നെ ഗുരുക്കന്മാരെ സമീപിക്കുന്നതായിട്ടും പലയിടത്തും എന്തുകൊണ്ട് അതും ലോകം മര്യാദ പാലിക്കുന്നതിന് സമൂഹത്തിൽ ഒരു മര്യാദ ഒരു സമ്പ്രദായം ഇതൊക്കെ നിലനിർത്തണമെന്ന് അതിനുവേണ്ടിട്ട് ലോക സംഗ്രഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതൊക്കെ സംഭവിക്കും അതൊന്നൊരിക്കലും തന്റെ ആത്മനിഷ്ഠയിൽ സംശയമുണ്ടായിട്ടോ അവയൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് സ്വരൂപേണ നിശ്ചിത തന്റെ സ്വരൂപം ഒരുവനും നിശ്ചയമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും പൂർത്തീകരണം ശേഷിക്കുന്നില്ല അതിനുവേണ്ടി അവൻ ഗുരുവിനെ സമീപിക്കുന്നില്ല ശാസ്ത്രത്തെ സമീപിക്കുന്നില്ല കണ്ണം സംശയവും ഭ്രമോടെ മാറിക്കഴിഞ്ഞു അതാണ് പല മഹാത്മാക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ആത്മബോധത്തോടുകൂടി തന്നെ അവർ ജീവിച്ചിട്ടും വീണ്ടും വൃക്കന്മാരെ സമീപിക്കുന്നതായിട്ടൊക്കെ ചില ചരിത്രങ്ങൾ കാണും അതിനു വേണ്ടിയിട്ടാണ് സമ്പ്രദായ മര്യാദയെ പരിരക്ഷിക്കുന്നതിനു വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത് അത് ലോക സംഗ്രഹപ്രവൃത്തി ലോക സംഗ്രഹബോധം കാരണം ഈ ശാസ്ത്ര സമ്പ്രദായവും ഗുരുപാരമ്പര്യവും എല്ലാം എന്നും നിലനിൽക്കണം ആത്മവിദ്യയും അതിനുവേണ്ടി അത്തരം ചില കാര്യങ്ങളെല്ലാം മഹാത്മാവിന് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും അവരെ ആത്മനിഷ്ഠയിലുള്ള എന്തെങ്കിലും ന്യൂനതമുണ്ടോ പോരായ്മ ഉണ്ടോ അല്ല അതൊരുവന്റെ ഉള്ളിൽ പ്രകാശിച്ചാൽ അത് ഒരിക്കലും അതിന് മങ്ങൾ സംഭവിക്കത്തില്ല എന്തെങ്കിലും ന്യൂനത സംഭവിക്കത്തില്ല അതാണ് സ്വരൂപേണ നിശ്ചിതാസ്യാ എന്നാൽ സർപ്പാദി വികൽപ്പം അഭ്യക്ഷ ദൃഷ്ടാന്തത്തിലൂടെ അത് വിശദീകരിക്കുകയാണ് പിന്നെ അവിടെ ഒരു വികല്പം പിന്നെ അവിടെ ഒരു സംശയം പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ അതൊരിക്കലും വരത്തില്ല ചെറിയ ചോദിക്കും ആത്മ ോധം നമുക്കുണ്ടായി ധ്യാനിച്ചും മനനം ചെയ്തും ശ്രവിച്ചുമൊക്കെ ഉണ്ടായി വീണ്ടും ഇതും മറയുന്നുണ്ടല്ലോ എന്ന് ചെല്ലു പറയും അതിന്റെ അർത്ഥം എന്താണ് ശരിയാണ് നമ്മൾ നമ്മുടെ മാർഗത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി പക്ഷേ നിരപേക്ഷമായ തലത്തിൽ എന്തോ കാരണവച്ചാർ നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ട് വീണ്ടും സംശയങ്ങളും ഭ്രമങ്ങളും എല്ലാം വീണ്ടും തുടരുന്നു സത്യാനുഭവത്തിൽ എങ്ങനെയാണോ സൂര്യമണ്ഡലത്തിൽ ഇരുട്ടില്ല എന്ന് പറയുന്നത് പോലെ അവിടെ ഇതിനൊന്ന് യാതൊരു അതിന് ഉദാഹരണം പറയുന്നത് അസ്വഹസ്ഥ അങ്കുല്യാദിഷു തന്റെ ുടെ വിരള് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ് ചിലത്ത് പറയുക എന്താണ് കയ്യിലെ നെല്ലിക്കാന്ന് പറയും ഇവിടെ അങ്കുലിയെന്നു പറഞ്ഞു സ്പഷ്ടമായി കണ്ടുകൊണ്ടിരിക്കെ അത് സർപ്പമാണെന്ന് ആർക്കും തോന്നാറില്ലല്ലോ പിന്നെ അവിടെ ഒരു ഭ്രമം അത് സംഭവിക്കാറില്ല സ്വന്തം വിരലിനെ ഒരാൾ നോക്കിട്ടില്ല സർപ്പം എന്ന് പറയാറില്ല അത് പറയുന്ന ഇവിടെ മന്ദാന്ധകാരത്തിൽ ദൂരെ കിടക്കുന്ന ഒരു വസ്തുവിൽ മനസ്സിൽ സർപ്പഭയത്തോടുകൂടി സഞ്ചരിക്കുമ്പം മുമ്പ് സർപ്പത്തെ ഭയന്നിട്ടുള്ള ഇങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പോഴേ അത് സംഭവിക്കുന്നത് തന്റെ കൈവിരളുകളെ സർപ്പവൊന്നൊരാൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല അങ്ങനെ വിരളായിട്ട് തന്നെ കാണും കാരണം അവിടെ അയാൾക്ക് നിശ്ചിതമായ ബുദ്ധിയുള്ളു ഇന്നതാണ് അയാൾക്ക് വ്യക്തതയുണ്ട് അതിനോണ്ടുള്ളൻക നെല്ലിക്കാന്ന് പറയുന്നു യേശ ദൃഷ്ടാന്ത ദൃഷ്ടാന്തത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരനുഭവം ഉണ്ടാകുകയും അതിലേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഭ്രാന്തിയോ പൂർണ്ണതയോ അനൂപണിയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു പൂർണ്ണതയിൽ അത് സ്വയം പ്രകാശിക്കുന്നു സ്ഥിരിയെ കുറിച്ചുകൂടെ എന്താണ് പറയുന്നത് അത് സ്വയം പ്രകാശിക്കുന്നതെന്നാണ് സ്വയം പ്രകാശിക്കാന്ന് പറയുമ്പോൾ കൂടെ പിന്നെ മറ്റൊരു സംശയത്തിനോ ബ്രഹ്മത്തിനോ ഒന്ന് യാതൊരു സ്ഥാനവും നമ്മുടെ സങ്കല്പങ്ങളിൽ അതൊക്കെ സംഭവം നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളിലൂടെ ആത്മാവിനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളിലൂടെ നമ്മൾ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളിലൂടെ അങ്ങനെയൊക്കെയാണ് അത് നമ്മളതിനെ സമീപിക്കുന്നത് നമ്മുടെ തന്നെ ആശയങ്ങളിലൂടെ നമ്മുടെ സങ്കല്പങ്ങളിലൂടെ അവിടെ നമ്മൾ പുതിയ പുതിയ ആശയങ്ങളുമായി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ പഴയ പല ആശയങ്ങളും ഇതിനൊക്കെ തടസ്സം നിൽക്കും അപ്പോൾ ആശയങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടാവും സംശയം ഉണ്ടാവും ധർമ്മവും ഉണ്ടാവും അതൊക്കെ സംഭവിക്കും ആശയങ്ങള് സംഘർഷങ്ങൾ വരെ ഇതാ അതല്ല ഇത് സ്വന്തം വിരലുകൾ എങ്ങനെയാണോ നമുക്ക് സ്പഷ്ടമായിരിക്കും നമ്മുടെ ഭ്രമമില്ലാതിരിക്കുന്നു അതുപോലെ ഇത് സന്ദേഹരഹിതമായിരിക്കുന്നു എന്തുകൊണ്ട് ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് നമ്മൾ ആർജിച്ച നമ്മുടെ സങ്കല്പങ്ങളോ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടിയെടുക്കുന്ന നമ്മുടെ ആശയങ്ങളോ ഒന്നുമല്ല അതിന്റെ തലത്തിലല്ല അതെല്ലാം നമ്മളെ ഒരു പരിധിവരെ സഹായിച്ചതൊന്നിരിക്കും പക്ഷെ അതല്ല അതുകൊണ്ടാണ് പറയുന്ന എന്താണിത് കർമ്മം കൊണ്ട് നേടുന്നതല്ല സ്വയം പ്രകാശിക്കുന്നു എന്നിങ്ങനെ കർമ്മം കൊണ്ട് നേടും നമ്മൾ നമ്മുടെ മാനസിക കർമ്മങ്ങളിലൂടെ ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ മാനസിക കർമ്മങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ ആർജിക്കുന്ന അറിവുകൾ നമ്മുടെ ആശയങ്ങൾ ചിന്താഗതികൾ ഇതിലൂടെ ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതാണ് നമ്മുടെ കർമ്മം മാനസികമായ കർമ്മം ഈ മാനസികമായ കർമ്മങ്ങൾ ഒരുപക്ഷെ നമ്മളെ മുമ്പോട്ട് നയിച്ചെന്ന് വരാം പക്ഷെ ഈ മാനസിക കർമ്മങ്ങൾക്ക് ഒരിക്കലും ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമെന്നുകൊണ്ടത് സ്വയം വെളിപ്പെടുന്നതാണ് നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് വെളിപ്പെടുത്താൻ പറ്റിയൊന്നല്ല സ്വയം വെളിപ്പെടുന്നതാണ് കർമ്മത്തിന്റെ ഫലമായത് വരത്തില്ല കർമ്മം നമ്മൾ മുമ്പോട്ട് നയിച്ചെന്ന് വരാം പക്ഷേ ഒരു കർമ്മത്തിന്റെ ഫലമായത് വെളിപ്പെടുത്തില്ല യേശ ദിഷ്ടാന്ത അത് ഈ ദിഷ്ടാന്തത്തിന്ന് മനസ്സിലാക്കണം അത് സ്വയം സ്പഷ്ടമായ ഒന്നാണ് അതിനെ നിങ്ങൾ സ്പഷ്ടമാക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ടൊന്നുമില്ല അവിടെ സ്വയം വെളിപ്പെടാനായിട്ടോ തദ്വ ഹേതുഫലാതി സംസാര ധർമ്മ അനർത്ഥ വിലക്ഷണതയ അതിനസേന വിശുദ്ധ വിജ്ഞപ്തി മാത്ര സത്ത അദ്വയരൂപേണ അനിശ്ചിതത്വ ജീവപ്രാണാതി അനന്ത ഭാവഭേദി ആത്മാ വികൽപ്പിത ഇത്യേഷ സർവോപനിഷേതു സംസാരധർമ്മ അനർത്ഥ വിലക്ഷണതയാ ഹേതുഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ കല്പനയിൽ നിൽക്കുന്നതാണിതെല്ലാം ഹേതുഫലങ്ങൾ പറഞ്ഞല്ലോ ഭക്ഷണം ഹേതുവാണോ തൃപ്തി ീ തരത്തിൽ സർവത്തിലും നമ്മുടെ സർവ ചിന്താമണ്ഡലത്തിലും നമ്മുടെ സർവകർമ്മ മണ്ഡലത്തിലും ഈ ഹേതു ഫലങ്ങളുടെ ഒരു കളിയാണ് അതെല്ലാം നമ്മുടെ കൽപ്പനകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമാണ് ഇതിനാണ് സംസാരധർമ്മം എന്ന് പറയുന്നത് അത് ഭൗതികമായാലും ശരി എല്ലാം ഹേതുഫല രൂപത്തിലുള്ള സംസാരധർമ്മങ്ങളാണ് ഇത് മൊത്തത്തിൽ ഇതിന് അനർത്ഥം എന്ന് പറയും ഭൗതികം മാത്രമല്ല അനർത്ഥം ഇവിടെ അതിസൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ആധ്യാത്മികവും അനർത്ഥമാണ് ഭൗതിയും മാത്രമാണ് എന്തുകൊണ്ട് ആത്മാവ് ഇതിൽ നിന്നെല്ലാം വിലക്ഷണമാണ് ഇതെല്ലാം ഒന്നുകിൽ ബാഹ്യമായ ക്രിയാരൂപത്തിൽ അല്ലെങ്കിൽ ആന്തരികമായ സങ്കല്പരൂപത്തിൽ മനോവൃതി രൂപത്തിലാണ് നിലനിൽക്കുന്നത് ആ പരമാർത്ഥമായ നിലയെക്കുറിച്ച് പറയുകയാണ് നമ്മൾ ഇന്നെന്തെങ്കിലും അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾ അസംബന്ധമെന്നല്ല പറയുന്നത് തെറ്റെന്നുമല്ല പറയുന്നു വേണ്ട എന്നും അല്ല പറയുന്നത് പരമാർത്ഥമായ നിലയിലാണ് ഇവിടെ പറയുന്നത് അതെന്താണ് വിശുദ്ധ വിജ്ഞപ്തി മാത്രം സത്ത അത് കേവലം വിശുദ്ധമായ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും വിശുദ്ധമായ വിജ്ഞപ്തി മാത്രമാണ് അത് സത്തയാണോ അത് അദ്വൈമാണോ അതാണ് അതിന്റെ പരമാർത്ഥം തന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ് തന്റെ പരമാർത്ഥ വിശുദ്ധമായിരിക്കെ അവിടെ ഒരു സങ്കല്പം ഒരു ഭാവന ഒരു കൽപ്പന അത് ഭൗതികമായാലും ആത്മീയമായാലും അതിന് അതിനത് അശുദ്ധിയാണ് പരമാർത്ഥത്തിൻ്റെ നിലയിൽ അത് അത് വിലക്ഷണം എന്ന് പറയുന്നത് എന്താണ് അത് കൽപ്പനകൾക്കു നിന്നും വിലക്ഷണമാണ് ഭാവനകളിൽ നിന്നും വിലക്ഷണമാണ് എന്ന് പറയുമ്പോ അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ വരും ശരിയായ രീതിയിൽ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരന് ഇത്രയും ബുദ്ധിമുട്ടുന്നത് മറ്റ് സർവവും സങ്കല്പത്തിന്റെ ഭാവനയുടെ മനസ്സിന്റെ ഏതെല്ലാം ധനമുണ്ടോ അതെല്ലാം എന്താണ് അനർത്ഥമാണ് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അതിനെല്ലാം ഒരു കോടിയിൽപ്പെടുത്താം എന്താണത് ആത്മവിലണമാണ് ആ തുര്യനിൽ നിന്നും വിലക്ഷണമാണ് വിശുദ്ധി എന്ന് പറയുന്ന എവിടെയുള്ളൂ മാത്രമേ ഉള്ളൂ തുര്യനിൽ മാത്രമേ വിശുദ്ധിയുള്ളൂ അല്ലാതെ നമുക്കാരും വിശുദ്ധൻ വിളിക്കാൻ പറ്റത്തില്ല ശരീരത്തിന്റെ മനസ്സിന്റെ ബുദ്ധിയുടെ ഇന്ദ്രിയങ്ങളുടെ തരത്തിൽ ഒരിടത്തും വിശുദ്ധിയില്ല അതെല്ലാം സംസാര അനർത്ഥങ്ങളാണ് ആ തുരിയൻ മാത്രമാണ് വിശുദ്ധനായിരിക്കുന്നത് അത് വിജ്ഞപ്തി മാത്രമാണ് സത്തയാണ് അദ്വയരൂപക്ഷെ ആ രീതിയിൽ അതിനെ ധരിക്കാതെ വരുമ്പോ പരമാർത്ഥത്തെ തന്റെ പരമാർത്ഥനിലയെ ഒരുവന് ധരിക്കാതെ വരുമ്പോ അവിടെയാണ് പിന്നീട് എന്താ രൂപേണ അനിശ്ചിതത്വം ജീവ പ്രാണാദ്യ അനന്ത ഭാവഭേദി ആത്മാ വികൽപ്പിക്ക എന്താണ് ഈ വികൽപ്പം എന്ന് പറയുന്നത് എന്താണ് ഈ ഭ്രാന്തി എന്ന് പറയുന്നത് എന്ന് വിശദീകരിക്കുകയാണ് തന്നെ ആ വിശുദ്ധമായ വിജ്ഞപ്തി രൂപത്തെ സത്താരൂപത്തെ അദ്വയരൂപത്തെ ഗ്രഹിക്കാതെ വരുമ്പോ അല്ലെങ്കിൽ അത് സ്വയം പ്രകാശിക്കാതെ വരുമ്പോ പിന്നീട് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രാണന് തുടങ്ങി ഈ സ്ഥൂര ശരീരത്തിലൂടെ ഈ സ്ഥൂരമായ പ്രപഞ്ചം വരെയുള്ള സർവവും ഇതിനാണ് നമ്മളിപ്പോ വികൽപ്പം എന്ന് പറയുന്നത് ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഈ വികല്പം ഇല്ല എന്നാണ് പറയുന്നത് ഇതാണ് സർവപിഷത്തുകളും പറയുന്നത് എന്ത് കാണുന്നു എന്ത് കാണുന്നില്ല എന്നുള്ളതല്ല ആത്മനിഷ്ഠയിൽ ഈ വികൽപ്പങ്ങൾക്കൊന്നും നിലനിൽക്കില്ല അതിൽ നിന്നും വ്യതിചരിച്ചാലോ അവനും സർവികൽപ്പങ്ങളുണ്ട് സർവസംസാരവും നിലനിൽക്കുന്നു അവൻ തന്നെ ആത്മാവികൽപ്പിത എന്നാണ് താനായിരിക്കുന്നതും അവൻ തന്നെ നാനാപ്രപഞ്ചമായി നിൽക്കുന്നതും അവൻ തന്നെ ഇത്രയുള്ള വ്യത്യാസം എന്താണ് ആ ആത്മനിഷ്ഠയിൽ അവനെ ഇതൊന്നും ഉപദ്രവിക്കുന്നില്ല ശബ്ദപ്പെടുത്തുന്നുണ്ട് മറിച്ചാണെങ്കിലോ അവനിത് അനന്തമായ സംസാരമായി അനുഭവപ്പെടുന്നു മറുകര കാണാത്ത സംസാരമെന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ അനുഭവങ്ങൾ അവൻ അനുഭവപ്പെടുന്നു ജാഗ്രസ് സ്വപ്ന സുശുദ്ധികളിലൂടെ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചവന് സംസാരമായി അനുഭവപ്പെടുന്നു ആ ഭ്രാന്തി നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരമാർത്ഥത്തെ ഇവിടെ അതിന്റെ സ്വരൂപമാണെന്നുള്ള നിലയ്ക്ക് ബോധിക്കുന്നത് ആ ബോധ്യം വരാത്തിടത്തോളം കാലം ആ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല ഭൌതികത്തിന് സംഭവിക്കത്തില്ല ആധ്യാത്മികത്തിന് സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് പലരും നിരാശപ്പെടുന്നത് പലർക്കും ഇഷ്ടപ്പെടുത്തുന്നില്ലെങ്കിലും പരമാർത്ഥം അതാണ് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ അത് തന്നെ ഒരു ജീവിതവ്രതമായി സ്വീകരിച്ചവർ പോലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അസംതൃപ്തരാണ് പുറമേ കാണുന്ന ദിവ്യത്വം ഉള്ളിൽ അനുഭവിക്കാൻ കഴിയാത്തവരാണ് അപൂർവ സമൃതികൾക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ അതിനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത് തന്റെ വിശുദ്ധമായ അവിജ്ഞപ്തി സ്വരൂപത്തെ അതിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ ഈ അനർത്ഥത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയും മറ്റൊന്നും അതിന് സഹായിക്കത്തുമില്ല മറ്റെന്തെല്ലാം സാധനങ്ങളിലൂടെ ശരി അത് ഇവിടെ എത്തിക്കാത്തിടത്തോളം കണ്ടും അതൊന്നും സഫലമാകത്തില്ല ഇത്യാഷെ സർവോപനിഷതാ സിദ്ധാന്തം ഇതാണ് സർവോപനിഷത്തുകളും പറയുന്നത് ക്ഷിതു അന്ധകാരേ വികൾ സർപ്പാദിർഭാവേർ തദ്ധാത്മാനിശ്ചിത്തയാജ്ജുവാ േ നിശിത്തെ വികല്പ നിവൃത്ത രജ്ജുരവേതി ചാദ്വൈതം തേതി നേതിർ സംസാരധർമ്മശൂന്യതിപാദകശാസ്ത്രജ്ഞ വിജ്ഞാനസൂരിലോക ആത്മവിനിശ്ചയഹ്യപ്പെടുന്ന എന്താണോ ഓരോരുത്തരോടും ഉപനിഷത്തായാലും ഇവിടെ ആചാര്യനായാലും ആവശ്യപ്പെടുന്ന എന്താണോ നിങ്ങൾ ആത്മനിഷ്ഠരാകുക അതാണ് ബാക്കി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യുന്നു അതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അത് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെ നിങ്ങളും ലോകവും ഒന്നും വിഷയമില്ല ഒരു കാര്യമേ ആവശ്യപ്പെടുന്നത് എന്താണോ ആത്മനിഷ്ഠ തന്നെ കുറിച്ചുള്ള നിശ്ചയം വരിക അതാണ് പറയുന്നത് രജ്ജു ആണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ സർവവികൽപം നിവർത്തൂ സർവ്വവികല്പങ്ങൾ നിവർത്തിക്കുന്നു രുജുരവേദിക അദ്വൈതം ആ രുജുവിനെ സംബന്ധിച്ചുള്ള പല ഭാവനകളും ഇല്ലാതാകും എങ്ങനെയാണോ തന്നെ കുറിച്ച് പല ഭാവനകൾ ഇപ്പം നിലനിർത്തിയിരിക്കുന്നു താൻ പുരുഷനാണ് സ്ത്രീയാണ് എന്നു തുടങ്ങി പല ഭാവനകൾ തന്നെ കുറിച്ച് നിർത്തിയിരിക്കുന്നു ഈ ഭാവനകൾ നിലനിൽക്കേ എങ്ങനെ സത്യബോധമുണ്ടാവും ഈ ഭാവനയിൽ നിന്നൊരാൾക്ക് മുക്തനാകാതെ ഇത് ദ്വൈതമാണ് ദ്വൈത ഭാവനകളാണ് തന്നെ യുവാവാണ് വൃദ്ധനാണ് എന്ന് തുടങ്ങി വരുന്ന നിരവധി ഭാവനകൾ രജ്ജു രവേദിജ് അദ്വൈതം പരമാർത്ഥം ബോധിക്കുന്നിടത്താണ് അദ്വൈതം യഥാർത്ഥത ഇതാണ് പരമാർത്ഥമെന്ന് ബുദ്ധിയുണ്ടെങ്കിലും ബോധിക്കും ബുദ്ധിയൊണ്ട് ബോധിച്ചു കഴിഞ്ഞാൽ അവന് ആ വഴിക്ക് നീങ്ങാനുള്ള ഒരു പ്രേരണയെങ്കിലും ആന്തരികമായി ഉണ്ടാവും എന്താ ചോദന അതെങ്കിലും ഉണ്ടാവും ഇതി സർവസംസ് ധർമ്മശൂന്യപ്രതിപാതക ശാസ്ത്രജനിത വിജ്ഞാന സൂര്യാലോകൃത ആത്മവിനിശ്ചയ ആത്മനിഷ്ഠാനയുടെ ആത്മവിനിശ്ചയം എന്ന് പറയുന്നത് ആധ്യാത്മികമായി നമ്മൾ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പറയും ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആചാര്യൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ആത്മവിനിശ്ചയം അതിലതാ നേടേണ്ടത് വേറെ ഒന്നും അതിനെ വിട്ടിട്ട് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ ഒരുവൻ മുഴുകിക്കഴിഞ്ഞാൽ അത് ആധ്യാത്മിക മാർഗത്തിലായാലും ശരി അതെല്ലാം വലിയ നിരാശയ്ക്ക് വഴിവെക്കും ഇച്ഛാഭംഗം അത് അതല്ലേ കുറച്ചു കാലമായിട്ട് എനിക്കിതാണ് പണി ആശ്രമവാസമൊക്കെ കുറെ വർഷം ആശ്രമത്തിലൊക്കെ വന്ന് താമസിച്ചിട്ട് അവസാനം മൂക്കം പിഴിഞ്ഞ് കണ്ണീരും തുടച്ചൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട് കാരണം ആശ്രമത്തിലൊക്കെ വന്ന് ആധ്യാത്മിക ജീവിതമെന്ന് പറഞ്ഞാലും ശ്രദ്ധ നോട്ടേക്ക മറ്റു പല മറ്റു പലതും എന്ന് പറയുമ്പോൾ യശസ്സിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ അത് വരുമ്പോ അവസാനം നിരാശപ്പെടേണ്ടി വരും നേടിയതിൽ സന്തോഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിലും നിരാശയും പോരല്ലോ എന്ന് തോന്നുന്നു അപ്പൊ വന്നതുപോലെ തന്നെ തിരികെ പോവേണ്ടി വരും ഇവിടെ ആവശ്യപ്പെടുന്ന എന്താണ് ആത്മവിനിശ്ചയം അത് നേടുക എന്നുള്ളതാണ് അതിൽ സ്ഥിരത വരിക അല്ല ഈ പ്രപഞ്ച കാര്യങ്ങളിലൊക്കെ എന്തായാലും ശരി ആശ്രമം ശരി എന്തിന്റെ പേരിലായാലും ശരി പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ മനസ്സ് കൊടുക്കാനാണ് ആശ്രമത്തിൽ വരുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എത്ര വലിയ ആശ്രമമായാലും ശരി എത്ര നിലയുള്ള ആശ്രമമായാലും ശരി പതിനാല് നില ആയാലും ശരി ഇരുപത്തിനാല് നില ആയാലും ശരി അതൊന്നും രക്ഷിക്കത്തില്ല അവന്റെ മനസ്സെവിടെ വരണം ഈ പറയുന്ന ആത്മവിനസ്സേക്ക് വരണം അപ്പം കുടിലിരുന്നാലും ഇതാണ് കൊട്ടാരത്തിലിരുന്നാലും ഇങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് നേരി നേരി ഇതൊന്നുമല്ല പരമാർത്ഥം എന്നെപ്പോഴും ബോധിക്കും പരമാർത്ഥമൊന്നും ബോധിക്കേണ്ടത് ഇതൊക്കെയാണ് ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പോലാഹാരങ്ങൾ ഇതൊന്നുമല്ല പരമാർത്ഥം ഇതിനൊക്കെ ജീവിക്കുമ്പോൾ തന്നെ ആ ബോധ്യം വരണം ആ ബോധ്യമുള്ളിൽ വരണം ഇതിനകത്തൊക്കെ എന്തെങ്കിലും ആയിത്തീരുന്നതാണ് വലുത് എന്ന് കരുതരുത് നിരാശപ്പെടുത്തും വളരെ നിരാശപ്പെടേണ്ടി വരും ജീവിതം വ്യത്ഥമായിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മചാരി ആകുന്നത് സ്വാമിയാവുന്നതെങ്കിൽ വളരെ നിരാശപ്പെടേണ്ടി വരും ഈ ജന്മത്തിലും വരുന്ന ജന്മങ്ങളിലും നിരാശപ്പെടേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും മനസ്സിലിത് വേണം നേതി നേതി നഇം നഇം എന്നാണ് ഇതൊന്നുമല്ല ഞാൻ ഇതിനൊന്നിനും വേണ്ടിയല്ല വന്നത് ഇതൊന്നുമല്ല നേടേണ്ടത് ഇതേത് സമയം മനസ്സിൽ വേണം എന്തുകൊണ്ട് സർവ സംസാര ധർമ്മശൂന്യപ്രതിപാദക ഇതെല്ലാം സംസാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ചൊല്ലിയോ ആശ്രമവും സംസാരമാണോ ആശ്രമജീവികൾക്ക് ആശ്രമമാണ് വലിയ സംസാരം ഗൃഹസ്ഥ ഗ്രഹമാണ് വലിയ സംസാരം പരമാർത്ഥം എന്താണ് സർവസംസാര ധർമ്മശൂന്യമാണ് അതിനെ ബോധിപ്പിക്കുന്ന ശാസ്ത്രജനിത വിജ്ഞാന സൂര്യാലോകം ശാസ്ത്രം അതാണ് ബോധിപ്പിക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഗുരുക്കന്മാരാണ് ബോധിപ്പിക്കുന്നത് ഗുരുക്കന്മാരൊരിക്കലും നമ്മളെ ഇതിലൊന്നും പിടിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല അവരിതിൽ നിന്നും മോചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഗുരുക്കന്മാരെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് എപ്പോഴും എന്താണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആത്മനിശ്ചരാവുക നിങ്ങൾ സത്യത്തെ അറിയുക ഈശ്വരനെ അറിയുക അതേ ബോധിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ വാസിനി സംസ്കാരം കൊണ്ട് നമ്മൾ ഇരീകരിപ്പിടിക്കുന്നു നമ്മൾ ഇതിലൂടെയൊക്കെ ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കണം ഗുരു പറയുന്നതിനെ അനുഷ്ഠിച്ച് ഈശ്വരബോധത്തെ വളർത്തിയല്ല നമ്മൾ ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവിടെയാണ് നമുക്ക് പറ്റുന്ന വലിയ മിസ്റ്റേക്ക് ഇതിലൊക്കെ മുറിവെ പിടിച്ചാൽ ഗുരു സന്തോഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും വേണ്ട ശാസ്ത്രപ്രതിഭ ജനിത വിജ്ഞാനം ആ ഗുരുവാക്യത്തിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം അത് നമ്മുടെ ഉള്ളിൽ അതെന്താണ് സൂര്യാലോകമാണ് സൂര്യന്റെ പ്രകാശം പോലെ അത് സ്പഷ്ടമാണ് ഗുരുക്കന്മാരെല്ലാ ഗുരുക്കന്മാരെ നിരന്തരം അതാണ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കാനാണ് ഈശ്വര തത്വത്തെ ബോധിപ്പിക്കാനാണ് അത് പലതരത്തിലാക അതുകൊണ്ട് വരേണ്ട ആത്മവിനിശ്ചയം അതാണ് ഈശ്വരബോധം എന്ന് പറയുന്നത് അത് വളർത്തുക അല്ലാതെ ഇതിലൊന്നും കയറി മനസ്സിനെ വച്ച് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ മനസ്സ് മുഴുകി ആത്മവിസ്മൃതി സംഭവിക്കരുത് ജീവിതം നഷ്ടമായി പോകും ഇവിടെ ചിലത് കരുതും ജീവിതം നഷ്ടമായിക്കോട്ടെ ഇവിടെ പലതും നേടാമല്ലോ അതും നിരാശപ്പെടുത്തും അതിനും അവസാനം നിരാശയായിരിക്കും ഫലം തൽക്കാലം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ സന്തോഷം തോന്നും പക്ഷെ അതും നിരാശയ്ക്ക് വഴിയുണ്ട് ഒരു ലൌകീയനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ നിരാശ ഉണ്ടാക്കത്തില്ല കാരണം അവന് ആധ്യാത്മിക സംസ്കാരമില്ലാത്തത് ആധ്യാത്മിക സംസ്കാരമുള്ള ഒരുങ്ങനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക മാർഗത്തിൽ കുറെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഭൌതികമായ നേട്ടങ്ങളിൽ അധികകാലം നിൽക്കാൻ പറ്റത്തില്ല അതവന് വലുതായ കുണ്ഠിതത്തെ ഉണ്ടാകും എന്തെങ്കിലും ഒരിക്കൽ അവന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം ഉദ്ബുദ്ധമായിട്ട് അവനെ ചിന്തിപ്പിക്കുക അപ്പോൾ അവന് വലിയ നിരാശയുണ്ടാകും പലരെയും കണ്ടിട്ടുണ്ട് ഈ മാർഗത്തിൽ സഞ്ചരിച്ച് പിന്നെ ഭ്രംശിച്ചു പോകുന്നു തൽക്കാലം ഏതെങ്കിലും മായാമോഹങ്ങളിൽ കുടുങ്ങി ഇതൊക്കെയാണ് സുഖം എന്ന് കരുതിയാനും കുറച്ച് മുമ്പോട്ടിരുമ്പോൾ വീണ്ടും അവന്റെ ഉള്ളിലിരിക്കുന്ന സത്സംസ്കാരങ്ങൾ ഉണർന്നു വന്നിട്ട് ചിന്തിപ്പിക്കും അപ്പൊ അവൻ വീണ്ടും വലിയ നിരാശയിലേക്ക് അപ്പൊ പതനം വളരെ അഗാധതയിലേക്കായി അതുകൊണ്ട് ഈ ആത്മവിനിശ്ചയം എന്താണ് ആത്മവിനിശ്ചയം ഇവിടെ പറയുന്നു ആത്മീയവേദം സർവം ശാസ്ത്രത്തെ ഒരു സാഹിത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് യാതൊരു പ്രയോജനമില്ല മറ്റു പല സാഹിത്യങ്ങളും പഠിക്കുന്നത് ഇതെയിൽ വർത്തമാനം പത്രം വായിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇത് മനസ്സിലാക്കിട്ട് കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഇരുന്ന് പത്രം വായിക്കുന്നവരായിരിക്കും ഇതിന് കുറച്ചുകൂടെ മെച്ചം അവർക്ക് ഭാരം കുറച്ച് കുറവായിരിക്കും വായിച്ചും കളഞ്ഞാ ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി തട്ടിച്ചു പോകും ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയായിരിക്കുന്നു നമ്മുടെ ജീവിതം എവിടെയായിരിക്കുന്നു നമ്മുടെ ചിന്തകൾ എവിടെയായിരിക്കുന്നു നമ്മുടെ പ്രവൃത്തി എവിടെ നയിക്കുന്നു അതല്ല ഇതിനോട് എത്രമാത്രം അടുക്കുന്നു എത്രമാത്രം അകരുന്നു ആ രീതിയിൽ അന്തർമുഖമായി ആത്മനിഷ്ഠമായി ഈ വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലേ ഇത് പ്രയോജനം ചെയ്യത്തുള്ളൂ അപ്പൊ ആത്മനിഷ്ഠ എങ്ങനെയായിരിക്കണം ആത്മീയ വേദം സർവം പറയും ആ അനുഭവത്തിലേക്ക് ആത്മദർശനം ഉണ്ടാവണം അപൂർവോ അനപരോ അനന്തരോ അബാഹ്യ സബാഹ്യാഭ്യന്തരോ ഹജ അജരോ അമരോ അമരോ അഭയ ഏകയോ അദ്വയ ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ വ്യക്തിനിഷ്ഠമായ ജീവിതത്തിൽ ആത്മബോധം സർവതലത്തിലും വരണം ചുരുക്കം നമ്മുടെ ചിന്തകളെയും നമ്മുടെ കർമ്മങ്ങളെയും എല്ലാം നിരന്തരം അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ ആത്മബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കണം ആത്മബോധത്തിലൂടെയുള്ള ആ കൃതകൃത്യത നമുക്ക് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് ശ്രുതി പറയുന്നതിന്റെ താൽപ്പര്യം നമ്മളെന്താണോ ഇതിനെക്കുറിച്ച് ധരിക്കുന്നത് അത് അല്പമായാലും ശരി അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ പൂർണതയുടെ അനുഭവമാണ് അല്ലെങ്കിൽ പൂർണമായ നിലയാണ് അത് വരട്ടെ പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്ന ചില ഭാഗങ്ങളുണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്നതും നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലകളിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അതിന്റെ ഒരു വെളിച്ചം വേണം നമ്മൾ ഉൾക്കൊള്ളുന്ന തത്വത്തിന്റെ ഒരു വെളിച്ചം അതാണ് ക്രമേണ പൂർണ്ണമായി പ്രകാശിക്കേണ്ടത് അതുമായിട്ട് യാതൊരു സ്പർശവും ഇല്ലാതെയാണ് നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ആയിപ്പോകും അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതിവാക്യങ്ങളെങ്ങനെ ഉദ്ധരിക്കുന്നത് മുമ്പോട്ട് പോകുമ്പോൾ ഈ പരമാർത്ഥത്തിനോടൊപ്പം തന്നെ പോകുക ഇതിനെ വിട്ടിട്ടു പോകാതിരിക്കുക കഴിയുന്നത്ര അതാണ് ഇതിന്റെ താല്പര്യം നിശ്ചിത്ത വികല്പോ വിവർത്തുരേതി ചാദ്വൈതാത്മാനിശ്ചയ ശാന്തി ശ്രീ ഗുരു ജോല